നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ യൂത്ത് സൺഡേ എന്നുള്ള നിലയിൽ അവരവരുടേതായിട്ടൊരു തീം സെലക്റ്റ് ചെയ്തിട്ടുണ്ട് ദൈവം ദൈവം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതിനോടുള്ള നമ്മുടെ പ്രതികരണം ഇതാണ് അവരുടെ ഇന്നത്തെ യൂത്ത് മീറ്റിങ്ങിൻ്റെ തീമായിട്ട് പ്രിയപ്പെട്ടവരെടുത്തിരിക്കുന്നത് നമ്മൾ സത്യത്തിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമുക്ക് ആരാണ് ദൈവം നമ്മെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണ് അതുപോലെ തന്നെ ആ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനായിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് രണ്ടു വശമാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് താനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയതും താന് കർത്താവുമായിട്ട് സംസാരിച്ചതുമൊക്കെ അപ്പോസ്റ്റല പൗർത്തി ഒൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് താൻ പിന്നീട് ഒരു സാക്ഷ്യം പ്രസ്താവിക്കുന്നത് അപ്പോസ്ല പൗർത്തി ഇരുപത്തി രണ്ടിലെ നമ്മൾ കാണുന്നുണ്ട് അവിടെ രണ്ട് ചോദ്യങ്ങൾ പൗലോസ് അന്ന് പൗലോസ് ആയിട്ടില്ല ശൗല് ദൈവത്തിനോട് ചോദിക്കുന്നത് കർത്താവിനോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോസ്ല പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ പൗലോസ് തൻ്റെ ജീവിതത്തിലുണ്ടായ ദെമസ്കോസിൻ്റെ പടിവാദുക്കൾ വെച്ചുണ്ടായ സംഭവം വിവരിക്കുകയാണ് ഞാൻ നിലത്ത് വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ശൗലിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക ശൗലെ ശൗലെ നീ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന ചോദിക്കുന്നു ആ ചോദ്യത്തിന് ശൗല് മറുപടിയല്ല പറയുന്നത് രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിക്കുക ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെന്ത് വേണം മറുപടി പറയണം അതിന് പകരം തിരിച്ച് തിരിച്ച് ഒരു ചോദ്യമല്ല രണ്ട് ചോദ്യം ശൗല് അങ്ങോട്ട് ചോദിക്കണം എത്ര ഷാർപ്പായ മനസ്സുള്ള ഒരാളായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ശൗല് എന്നുള്ളത് വ്യക്തമാണല്ലോ ശവുലിനോട് ചോദിക്കുന്നു നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് വൈ എന്തിന് നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് ശവുലിൻ്റെ മറുപടി കർത്താവെ നീ ആർ അതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ കർത്താവെ ഞാൻ എന്തു ചെയ്യണം ഈ രണ്ട് ചോദ്യം കർത്താവ് നീ ആരാണ് നീ ആരാണ് നീ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ആരാണ് നീയും ഞാനും തമ്മിൽ എന്നെ നീയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് നീ എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളതാണ് നമ്മളും ഇന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം കർത്താവ് നീ ആരാണ് രണ്ടാമത് അതിനോടുള്ള ബന്ധത്തിൽ ഞാനിനി എന്താ ചെയ്യേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അതായിരുന്നു പൗലോസിൻ്റെ തുടർന്നുള്ള ജീവിതം പൗലോസിൻ്റെ മൊഴി ജീവിതത്തെ നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളിൽ കൊണ്ടുവന്ന് വെക്കാം ഒന്നെന്ന് പറയുന്നത് തൻ്റെ നിരന്തരമായ അന്വേഷണം കർത്താവ് നീ ആരാ ആരാ ആരാ കർത്താവിനെ ആദ്യം ഒരളവിലറിഞ്ഞു എന്നാൽ താൻ അവിടെ തൃപ്തിയാകാതെ തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയേണ്ടതിന് കർത്താവ് നീ ആരാ ആരാ ആരാ എന്നുള്ള ഒരു അന്വേഷണം വരുന്നു അതുപോലെ തന്നെ കർത്താവ് നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടനെ പറഞ്ഞു നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാം അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല പിന്നെയും പൗലോസ ജീവിതത്തിൽ ഉടനീളം ചോദിച്ചുകൊണ്ടിരുന്നത് കർത്താവ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എന്താ ഇനി എന്താ ഇനിയെന്താ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഈ രണ്ട് ചോദ്യങ്ങളാണ് സത്യത്തിൽ നമ്മളെന്ത് വേണം കർത്താവ് നീ ആരാണ് കർത്താവിനെ ആദ്യത്തെ ഒരു ഒരു കണ്ടുമുട്ടലിൽ നമുക്ക് തിരിച്ചറിയാൻ ഒക്കുകയല്ലേ തിരിച്ചറിയാം ഒരളവിൽ തിരിച്ചറിയാം പക്ഷേ കർത്താവിനെ അറിയും തോറും പിന്നെയും പിന്നെയും നമ്മളിതേ വരെ അറിഞ്ഞതൊന്നുമില്ല കൂടുതൽ കൂടുതൽ കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെ നമ്മൾ വലിയ ഒരളവിൽ അറിഞ്ഞുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനം വരെ കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതൽ കൂടുതൽ കൂടുതൽ അറിഞ്ഞാലും അടി കാണാത്ത ഒരു കിണർ പോലെ എത്ര മുങ്ങിയാലും അടിയിലെത്തുകയില്ല നമ്മൾ ആദ്യം കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നൊരു കൊച്ചു കാര്യം നമ്മൾ ഈ യോഹനേൻ്റെ സുവിശേഷം മൂന്നാമത്യായം അതിൻ്റെ പതിനാറാമത്തെ വചനം ഒക്കെ ആണല്ലോ നമ്മൾ ഒരാൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ആദ്യം വായിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ ഉദ്ധരിക്കുകയും ഒക്കെ ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ പുത്രനെ നൽകത്തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ പോലും നൽകി ദൈവം നമ്മളെ സ്നേഹിച്ചു പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു കാൽവറി കൃഷിയിൽ താൻ നമുക്കായിട്ട് മരിച്ചു എന്നുള്ളതാണ് അതാ തുടക്കം പക്ഷേ അവിടെ നമ്മൾ കർത്താവിനെ എന്തായിട്ടാണ് അറിയുന്നത് യേശുവിനെ രക്ഷകനായിട്ട് മാത്രം അറിയുന്നത് ചിലർ ദൈവത്തോടുള്ള അവരുടെ അടുപ്പം ദൈവത്തെ ഭയമാണ് ദൈവത്തെ ഭയമാണ് ദൈവഭയവും ഒരളവിൽ നല്ലതാണ് നമ്മൾ സദൃശവാക്യം ഒന്നാമത്തെ ആയ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നല്ലോ യഹോ ഭക്തി യഹോയോടുള്ള മലയാളത്തിൽ യഹോ ഭക്തി എന്ന് വായിക്കുന്നു ഇംഗ്ലീഷിൽ യഹോയോടുള്ള ഭയം യഹോയോടുള്ള ഭയം അതെന്താണ് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് ആരംഭം അതുകൊണ്ടൊരാൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കൊള്ളാം പക്ഷെ അതെന്താ അതൊരു തുടക്കം മാത്രമാണ് അവിടെ നിന്ന് പിന്നെയും പിന്നെയും പിന്നെയും ദൈവത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കണം കർത്താവേ നീ ആരാ നീ ആരാ പൗലോസ് അതറിഞ്ഞു പൗലോസ് അങ്ങനെയാണ് മുന്നോട്ട് പോയത് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ ഒടുവിൽ എന്താ നമ്മൾ അറിയുന്നത് തുടക്കം മുതൽ സത്യത്തിൽ ദൈവ വന്നു അതിൽ നിന്ന് ദൈവ സ്നേഹമാണെന്നറിഞ്ഞു ദൈവ പറയുന്ന വാക്യം നമുക്കറിയാം ഒന്ന് യോഹന്നാൻ അതിൻ്റെ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടടത്ത് അതിൻ്റെ വാക്യത്തിലും പതിനാറാമത്തെ വാക്യത്തിലും ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ സ്നേഹമാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അറിവ് എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പം ഒരു പേടിയാണോ പേടി നല്ലതാ നമ്മൾ പറഞ്ഞു യഹോഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് പക്ഷെ അവിടെ നിൽക്കരുത് അവിടെ നിൽക്കരുത് ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അയ്യോ നമ്മളേക്കാൾ വലിയ എല്ലാ കാര്യത്തെയും പേടിച്ചാണ് മനുഷ്യൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാകാനൊക്കാത്ത കാര്യങ്ങൾ നമ്മളൊരു ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അനന്തമായിട്ട് അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ അടി കാണാത്ത ഇത് കാണുമ്പോൾ ഒരു ഏസം ഫീലിംഗ് ഒരു ഒരു ഭയത്തോട് ചേർന്നുള്ള ഒരു വികാരം നമ്മുടെ മനസ്സിൽ വരും ദൈവമെന്ന് പറയുമ്പോഴും പലർക്കും തുടക്കത്തിൽ ആ ഒരു വികാരം ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ഭയഭക്തി ആദരവുകൾ കലർന്ന ഒരു വികാരം അത് നല്ലതാണ് നല്ലതാണ് പക്ഷേ ദൈവത്തെ നമ്മൾ അവിടുന്ന് കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കണം ദൈവസ്നേഹത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ സ്നേഹമാണ് ദൈവസ്നേഹം തന്നെ ഒരു കൊച്ചു വാക്യമാണ് ഗോഡീസ് ലാവും നമ്മൾ ഓട്ടോറിക്ഷ കയറുമ്പോഴും ഒക്കെ അതേലെഴുതി വെച്ചിരിക്കുക ഗോഡി സ്ലാവും ബസ്സേ കയറുമ്പോഴും ഒക്കെ എഴുതി വെച്ചിരിക്കുക നിരന്തരം കണ്ട് കണ്ട് കണ്ട് അതിൻ്റെ ഒരു അത്ഭുതം നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോയി സത്യത്തിൽ അത് ഒരു ഓർത്ത് നോക്കിയേ ദൈവത്തെ ഈ ലോകം എന്തുവാ കരുതിയിരിക്കുന്നത് ദൈവം നമ്മുടെ തെറ്റുകൾക്കെല്ലാം നമ്മളെ അടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വടിയുമായിട്ട് നിൽക്കുന്ന ഒരു എഡ്മാസ്റ്ററെ പോലൊക്കെയാണ് ലോകം കാണുന്നു ദൈവത്തെ പേടിയ എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്താ ദൈവം ഒരൊറ്റ കൊച്ചു വാക്യോ ഗോഡ് ഇസ് ലൗ തീർന്നു ഫുൾ സ്റ്റോപ്പ് ദൈവം സ്നേഹമാണ് ദൈവ സ്നേഹമാണ് തൻ്റെ ഏകജാതനെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞെടുത്താണ് അവിടെ തുടക്കം പക്ഷേ അവിടെ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിഞ്ഞു പോകണം ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവത്തെ അറിയുക പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ അറിയണം കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഒരു മീറ്റിങ്ങിൽ വായിക്കാൻ വേണ്ടി സാഗ്ബേറെ തൻ്റെ ഒരു ഒരു ലേഖനം അയച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ യാദൃച്ഛീകമ എന്ന് തോന്നത്തക്കവണ്ണം ബ്രദർ ഒരു ചോദ്യം ചോദിച്ചു ബൈബിളിലെ ആദ്യത്തെ വാക്യം ഏതാണ് ബൈബിളിലെ ആദ്യത്തെ വാക്യമേതാ ബൈബിളിലെ ആദ്യത്തെ വാക്യമേതാ എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം അറിയാം ബൈബിളിലെ ആദ്യത്തെ വാക്യം ഉൽപ്പത്തി ഒന്നിൻ്റെ പക്ഷെ ബ്രദർ പറഞ്ഞു ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നല്ല ബൈബിളിലെ ആദ്യത്തെ വാക്യം ബൈബിളിലെ ആദ്യത്തെ വാക്യം വേറൊന്നാണ് യോഹനേൻ്റെ സുവിശേഷം ഒന്നിൻ്റെ ഒന്നാണ് ബൈബിളിലെ ആദ്യത്തെ വാക്യം എന്ന് നമ്മൾ കണ്ടോ യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് എന്താ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഏതെന്നല്ല ചോദ്യം ചോദ്യം ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രമാണല്ലോ ബൈബിളിലുള്ളത് അങ്ങനെയാണെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ചരിത്രം ആരംഭിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം ആദ്യത്തെ വാക്യം അതേതാ അത് ദൈവം മാത്രമുള്ള ഒരു സമയം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ദൈവം മാത്രം താൻ മാത്രം താൻ മാത്രമെന്ന് പറയുമ്പോഴും താൻ ത്രിയേകനാണ് ഇവിടെ ഇതാ നമ്മൾ അയ്യോഹ ഞാൻ ഒന്നിൽ വായിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ വചനം ദൈവമായിരുന്നു ത്രിയേകനായ ദൈവത്തിൻ്റെ മറ്റൊന്ന് സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ആ മിയർ എക്സിസ്റ്റൻസിനെ കാണിക്കുന്ന ഒരു വാക്യമാണിത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നോ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചു അതൊരാദിയില്ല പക്ഷേ ആ ആദിക്കും മുമ്പ് ഒരാദിയുണ്ട് അതാണ് യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് അതാണ് ആദി ആ എന്നാൽ പിന്നെ ആദ്യത്തെ ആദി കഴിഞ്ഞു രണ്ടാമത്തെ ആദി ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ സന്തോഷമായിട്ടിരുന്നപ്പം ബ്രദർ പറയുക രണ്ടാമത്തെ ആദി അതല്ല എഫ് എ സിർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ നാലാണ് രണ്ടാമത്തെ ആദി എന്ന് പറഞ്ഞു ചേടാ ഇതാകെ നമ്മൾ എഫ് എ സി ആർ ഒന്നിൻ്റെ നാലാണത്ര രണ്ടാമത് സംഭവിച്ചത് അവിടെ എന്താണ് നമ്മൾ കാണുന്നത് എഫ് എ സി ഒന്നിൻ്റെ നാല് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും അപ്പം ഈ ഈ ഒന്നിൻ്റെ നാലിൽ എഫ് എ നാലിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പം അവിടെ എന്തില്ല ലോകം സ്ഥാപിച്ചിട്ടില്ല ഈ ലോകത്തിന് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടില്ല അടിക്കല് ഇട്ടിട്ടില്ല ഈ ലോകം നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യമായ ദൃശ്യപ്രപഞ്ചം അത് തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുന്നതിനൊക്കെ ആദ്യയിൽ ആരുണ്ട് ദൈവമുണ്ട് ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് അതാണ് നമ്മൾ യോഹ ഞാൻ ഒന്നിൻ്റെ ഒന്നിൽ വായിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത് സംഭവിച്ചത് എന്താ രണ്ടാമത് സംഭവിച്ചത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടില്ല അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്തു ദൈവം എന്തു ചെയ്തു നമ്മെ തെരഞ്ഞെടുത്തു നമ്മളെന്നുണ്ടോ നമ്മളില്ല പ്രിയപ്പെട്ടവർ ഈ വാക്യം നമ്മൾ വായിച്ച് വായിച്ച് വായിച്ചും കാണാതെ പഠിച്ചും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ വാക്യങ്ങൾ കാണാതെ പഠിച്ച് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ എനിക്ക് എൻ്റെതായ ചില റിസർവേഷനുണ്ട് പറഞ്ഞു പറഞ്ഞ് കാണാതെ പഠിച്ച് പിടിച്ച് പിടിച്ച് ഇത് പറഞ്ഞു പറഞ്ഞു ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു സർപ്രൈസ് നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണോ ആ നമുക്കറിയാം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുക്കുകയും നിൽക്ക നിൽക്കുക അങ്ങനെ തിരുതി വെച്ച് പോകേണ്ട ലോകം ആരംഭിച്ചിട്ടില്ല ലോകം ആരംഭിച്ച് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റി രണ്ട് എ ഡിയിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളക്കരയിൽ കോട്ടയം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ അസ്തിത്വം അതിനു മുമ്പ് അതിനു മുമ്പ് എ ഡിക്കും ഒക്കെ മുമ്പ് ലോകത്തിന് തറക്കല്ലിടുന്നതിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു നമ്മളെ സ്നേഹിച്ചു അന്ന് നമ്മൾ നമ്മുടെ അസ്തിത്വമില്ല നമ്മളായിട്ടില്ല നമ്മുടെ അപ്പനില്ല അമ്മയില്ല വലിയപ്പനില്ല വലിയമ്മ ലോകം തന്നെ ഇല്ല അതിനു മുമ്പേ നമ്മളെ സ്നേഹിച്ചെന്നും തിരഞ്ഞെടുത്തെന്നും പറഞ്ഞാൽ അതെന്താ അത് രണ്ടാമത്തെ വാക്യം അതാണ് മൂന്നാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്ന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ ഈ ലോകത്തിന് തുടക്കം കുറിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുന്ന യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് കഴിഞ്ഞാൽ പിന്നീട് ഉടനെ ദൈവം എന്തോ ചെയ്തു നമ്മളുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ലോകമൊക്കെ ഉണ്ടാക്കുന്നതിനു മുമ്പേ നമ്മളെ എഫ് എ സർ നാലാണ് രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം മാത്രമാണ് അതിൻ്റെ ആ ഓർഡർ അനുസരിച്ച് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് എത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ഇതൊരു സ്നേഹത്തിലല്ലേ ഒക്കെയുള്ളൂ സ്നേഹത്തിലല്ലേ ഈ തിരഞ്ഞെടുപ്പ് പറ്റുകയുള്ളൂ യോഹന എൻ്റെ സുശേഷൻ പതിനഞ്ചാമധ്യായത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പതിനഞ്ചിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ പതിനഞ്ചിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളെ ആക്കി വെച്ചു മിരിക്കുന്നു നിങ്ങളെന്നെ തിരഞ്ഞെടുത്തല്ല ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളെ ഈ തലമുറയിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക പ്രദേശത്ത് ഫലം കായ്ക്കാനായിട്ട് ആക്കി വെച്ചു ഇരിക്കുന്നു കണ്ടോ എല്ലാത്തിൻ്റെ തുടക്കം നമ്മെ സ്നേഹിച്ച ദൈവത്തിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം ആ ഒരു കാര്യം നമ്മൾ പ്രിയപ്പെട്ടവർ ആഴത്തിൽ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവ ദൈവസ്നേഹമാണെന്ന് നമ്മളറിഞ്ഞു ദൈവസ്നേഹമാണ് എന്നറിയുമ്പോൾ അതിനെ തുടർന്ന് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കാൽവറി ക്രൂശിലാ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ അവൻ്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആ സ്നേഹത്തെ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചു പാപത്തിനു വേണ്ടി യേശുവും മരിച്ചു എന്നാൽ യേശുവും മരിച്ചു അതൊരു കൊച്ചു കാര്യമല്ല വലിയവനായ ദൈവം നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളേറ്റ് കർത്താവ് കാൽവേറെ ക്രൂശിൽ മരിച്ചു ഇവിടെ ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചു അപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു കുഞ്ഞു എണ്ണീറ്റൊരു മനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞു അതായത് സാറേ ഞാൻ പറയാം പഴയ നിയമത്തിലെന്താ പഴയ നിയമത്തിൽ ആടുകളെല്ലാം ഇടയന് വേണ്ടി മരിക്കുക ചെയ്യുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ ആടുകൾക്ക് വേണ്ടി ഇടയൻ മരിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ ശരിയല്ലേ പഴയ നിയമത്തിലെന്താ നമുക്കറിയാം ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനു വേണ്ടി ആ ഇടയൻ എന്തു ചെയ്യും തൻ്റെ ഒരു ആടിനെ പിടിച്ച് ബലി കഴിക്കും ആടിനെ പിടിച്ച് ബലി കഴിക്കും അപ്പോൾ ആടുകളെ ബലി ഇടയൻ പാപക്ഷമ നേടി നേടി നേടി പോകുന്ന ഒരു കാലഘട്ടമാണ് പഴയ ഉടമ്പടിയുടെ കാലഘട്ടം പുതിയ ഉടമ്പടി വന്നപ്പോഴോ ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു കർത്താവ് നമുക്ക് മരിച്ചു കർത്താവ് നമുക്ക് മരിച്ചു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുമ്പോൾ അത് തീർച്ചയായിട്ടും സ്നേഹം അവിടെ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ അവിടെ കൊണ്ട് നമ്മൾ നിർത്തരുത് പിന്നെയും നമ്മൾ കർത്താവെ നീ ആരാണ് ആരാണെന്ന് ചോദിച്ചു പോയാൽ പിന്നെയും ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് നമ്മൾക്കായിട്ട് നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിനായിട്ട് മരിക്കണമെങ്കിൽ കർത്താവ് വന്ന് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങനെ അല്ല നമ്മൾ കാണുന്നത് കർത്താവ് എന്തോ ചെയ്തു അതിനു മുമ്പ് മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു ദൈവം എന്തിനാ ക നമ്മൾ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ രക്ഷണി പ്രവൃത്തി കാൽവറി കൃഷിയിൽ പാപരഹിതനായ ദൈവത്തിൻ്റെ ആട്ടിൻകുട്ടി കർത്താവ് മരിച്ചാൽ മാത്രമേ ഈ രക്ഷണി പ്രവൃത്തി നടക്കുകയുള്ളൂ തൻ്റെ രക്തം ചൊരിഞ്ഞാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂങ്കിൽ ദൈവത്തിന് വന്നിട്ട് ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു കർത്താവായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് വേഗം കാൽവറി കൃഷി മരിച്ച് രക്ഷണപ്രവൃത്തി പൂർത്തിയാക്കി അങ്ങ് പോയാൽ പോരായിരുന്നു എന്തിനാ ഈ മുപ്പത്തി മൂന്ന് വർഷം ഈ ലോകത്തിങ്ങനെ ജീവിച്ചത് കൊച്ചുകുട്ടിയായിട്ട് ജനിച്ചു അപ്പനും അമ്മയ്ക്കും കീഴടങ്ങി ജീവിച്ചു ഏ പന്ത്രണ്ടാം വയസ്സിൽ അവിടെ പോയി ഉടനെ ഇവരന്വേഷിച്ചു പോയി മുപ്പതാം വയസ്സിൽ യോഹന്യാസ്നാഭൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റു പന്ത്രണ്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പന് കീഴടങ്ങി ഒരു കൊച്ചു പണിയുടെ കൊച്ചു ജോലി ഈ ലോകത്തിലെ ജോലി ചെയ്ത് ജീവിച്ചു ഇതെല്ലാം എത്തിന് വേണ്ടിയാണ് ചെയ്തത് നമുക്കറിയാം കർത്താവിൻ്റെ ആ ജീവിതം നമുക്കൊരു മാതൃകയാകാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് അപ്പോൾ കർത്താവ് കേവലം നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ഇന്ന് സുവിശേഷവിധ സഭകളിൽ പലർക്കും നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെ മാത്രമേ അറിയുള്ളൂ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ പാവങ്ങൾ പരിഹരിച്ചു പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതും കർത്താവ് മുപ്പത്തി മൂന്ന് വർഷം ജീവിച്ചു ആർക്കാതിൻ്റെ ഗുണം നമ്മൾ പറയും നയില്ലെ വിധവയ്ക്ക് അതിൻ്റെ ഗുണം അല്ലെങ്കിൽ കണ്ണ് കാണാത്ത പിറവിയിലെ കുരുടനാതിൻ്റെ പ്രയോജനം നമ്മളാരും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ അല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമുക്കും കർത്താവിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രയോജനമെടുക്കാനൊക്കെ നമ്മളും ഇന്ന് കർത്താവിൻ്റെ അതേ മനോഭാവത്തോടെ തന്നെ ജീവിക്കാനായിട്ട് കഴിയും കർത്താവ് എന്തായിരുന്നു കർത്താവിനെ ആളുകൾ തെറ്റിദ്ധരിച്ചു മാറ്റി നിർത്തി നിന്നിച്ചു പരിഹസിച്ചു അവനെ ഒറ്റപ്പെടുത്തി നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും കർത്താവും കടന്നുപോയി കടന്നു പോയപ്പോൾ ഒരു നിമിഷം പോലും താനെന്ത് ചെയ്തില്ല താനെ പാപത്തിൽ വീണുപോയില്ല അവർക്കെതിരെ ആ നിലയിൽ ഒരു കയ്പ് ഹൃദയത്തിൽ താലോലിച്ചില്ല തന്നെ ക്രൂശിക്കുമ്പോഴും പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാണ് താനെ കടന്നു പോയത് താന് ഒരാളോട് വൈരാഗ്യപ്പെട്ട് ആഹാ ഞാൻ അന്ന് വന്നപ്പോൾ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല എന്നാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെയുള്ള തൻ്റെ ദൈവിക ശക്തികളൊന്നും ഒരു പ്രതികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കണക്ക് തീർക്കാൻ വേണ്ടിയോ യേശു ഉപയോഗിച്ചില്ല യേശുവിൻ്റെ ഈ ജീവിതം നമ്മുടെ മുമ്പിൽ ഈ സുവിശേഷങ്ങളിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് എന്തിനാണ് ആ ജീവിതത്തിൽ നിന്നും നമുക്ക് പ്രയോജനം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്നതും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പലരും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല പലരും ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിൽ മരിച്ചു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ കർത്താവിനോട് ചോദിച്ചു കർത്താവേ നീ ഈ മാനവരാശി എത്ര സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവ് ഉടനെ കര കരങ്ങൾ രണ്ട് വശത്തേക്കും വിരിച്ചു ഇതാ ഇത്രത്തോളം എന്ന് സ്നേഹം എന്ന് കൈനീട്ടി ഉടനെ പരി പുരോഹിതന്മാരും ആ നീട്ടിയ രണ്ട് കൈകളിൽ ആണി അടിച്ചു ഇന്ന് കാൽവരെ കുറിച്ച് അതാ അതാ നീട്ടപ്പെട്ട കരം ഞാൻ ഇത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു മരണത്തോളം ഞാൻ ലോകത്തെ സ്നേഹിച്ചു ശരിയാണ് ശരിയാണ് അത് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുമ്പോൾ തന്നെ അവിടെ അവസാനിച്ചു പോകരുത് നമ്മൾ പിന്നെയും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് പോകുമ്പം യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹം കാണണം യേശുവിൻ്റെ ജീവിതത്തിലും നമ്മൾ കർത്താവിൻ്റെ സ്നേഹം കാണുന്നു ആരോടുള്ള സ്നേഹം നമ്മളോടുള്ള സ്നേഹം നമുക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് വലിയവനായ ദൈവം മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്കൊരു മാതൃക കാണിച്ചുവെച്ചിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങളെന്നെ അനുഗമിപ്പി നമുക്കപ്പോൾ സന്തോഷത്തോടെ അനുഗമിപ്പാനായിട്ട് ഒക്കും കാരണം നമ്മുടെ മുമ്പിലൊരു മാതൃകയുണ്ട് അവൻ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു തന്നെ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി ദൈവികമായ എല്ലാ കഴിവുകളും താന് ഉരിഞ്ഞു വെച്ചു ഉരിഞ്ഞു വെച്ച് നമുക്ക് തുല്യനായി എബ്രായർ കരുതിയ ലേഖനം നാലാമത്തെ ആയതിൻ്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് തുല്യമായിട്ട് യേശു ആയി പക്ഷേ താന് എന്നിട്ടും പാപം ചെയ്തില്ല അപ്പം പാപം ചെയ്യാതെ ഈ മനുഷ്യ ജീവിതത്തിൽ ജീവിക്കാനായിട്ടൊരു ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനൊക്കെ വന്ന് നമുക്കൊരു മാതൃകണിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം ആ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തെയും നമ്മൾ തിരിച്ചറിയണ്ടേ പ്രിയപ്പെട്ടവർ പൗലോസി ചോദിച്ച പോലെ നമ്മൾ കൂടെ കൂടെ ചോദിക്കണം കർത്താവേ നീ ആരാ നിൻ്റെ സ്നേഹം അതെന്താ എന്താ കൂടുതൽ കൂടുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം കാൽവർ ക്രൂശിലെ സ്നേഹം അറിഞ്ഞു നല്ലതാണ് ശരിയാണ് പക്ഷെ പിന്നെയും കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ അരക്ഷണയപ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാൽ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഏതളവിൽ അറിഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ചു കർത്താവ് എന്ത് ചെയ്തു കർത്താവിൻ്റെ കാൽവെക്രൂശിലെ മരണത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു പാപങ്ങൾ ക്ഷമിച്ചു പാപം ക്ഷമിച്ചു നമ്മൾ ഇന്ന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി വിശ്വാസത്തോടെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ ശരണപ്പെട്ട കർത്താവേ ഞാൻ തെറ്റുപറ്റി അതിൻ്റെ മുമ്പിൽ അഭിനയിക്കാതെ കുഞ്ഞുങ്ങളൊക്കെ ചിലർ ഓടി നടക്കുമ്പോൾ നിലത്ത് വീണാല് നമ്മൾ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞ് ചാടി എണ്ണിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ഓ ഞാനൊരു വിദ്യ കാണിച്ചതാ എന്നുള്ള മട്ടിലൊക്കെ നടന്നു പോകുമല്ലോ സത്യത്തിൽ ആ പലരും മനുഷ്യരുടെ പലരുടെയും രീതി കുഞ്ഞുങ്ങളുടെ രീതി തന്നെ ഒരു തെറ്റു പറ്റിയാൽ എന്താ വേണ്ടേ ഞാൻ വീണു എന്നങ്ങ് സമ്മതിക്കുക ഒന്നാമത് വേണ്ടത് നിസ്സഹായതയോടെ ദൈവമേ ഞാൻ വീണു കുഞ്ഞ് അതിൻ്റെ നിസ്സഹായതയിൽ ചിലപ്പം വീണിട്ട് നിലവിളിക്കുകയല്ലേ അത് നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളും നമുക്കൊരു തെറ്റു പറ്റിയാൽ തെറ്റ് പറ്റി എന്ന് തന്നെ അങ്ങ് സമ്മതിക്കുന്നതാണ് സത്യസന്ധരായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിന് പേരും തെറ്റല്ല എനിക്കൊരു ചെറിയ ബലഹീനത പിന്നെ അതിന് അതിൻ്റെ മൂലഭാഷയിൽ ബലഹീനത എന്നുള്ളതിന് വേറെ വല്ല സാധ്യത വല്ലതും ഉണ്ടോ എന്നൊക്കെ പോയി അന്വേഷിച്ച് ഏഹ് ഇതിലൊരു പശ്ചാത്താപമില്ലാതിരിക്കാൻ വേണ്ടി ഇത് ആളുകളുടെ മുമ്പിലും ദൈവമുമ്പാകെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമർത്ഥമായ മനസ്സ് നൂറ്റൊന്ന് മാർഗങ്ങൾ കണ്ടുപിടിക്കും പക്ഷേ അതല്ലല്ലോ അതല്ല വേണ്ടത് എന്താണ് വേണ്ടത് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി നമ്മൾ തെറ്റുപറ്റാത്ത മനുഷ്യരല്ല നമ്മൾ മനുഷ്യരാണ് നമ്മളോട് സഹതാപം ഉള്ളവനാണ് മുകളിലിരിക്കുന്ന മഹാപുരോഹിതൻ അതുകൊണ്ട് നമുക്ക് നമ്മൾ എന്തിനാണ് അവൻ്റെ മുമ്പാകെ അഭിനയിക്കുന്നത് അതുകൊണ്ട് തെറ്റുപറ്റിയാൽ കർത്താവിനോട് പറയുക കർത്താവ് എനിക്ക് തെറ്റുപറ്റി മനുഷ്യരോട് ക്രമീകരിക്കേണ്ടതാണെങ്കിൽ ക്രമീകരിക്കുക ക്രമീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ നമ്മൾ ശരണപ്പെടുമ്പം കർത്താവ് എന്തോ ചെയ്തു നമ്മുടെ ആ പാപം ക്ഷമിച്ചു ഒന്നാമത് നമ്മൾ ഈ ലോകത്തിൽപ്പെട്ട് നടന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച സമയത്ത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു അത് കഴിഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ദിനംതോറും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ വീഴ്ചകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തും നമുക്ക് ശരണപ്പെടാനുള്ളത് ഏതിലാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്തിൽ ശരണപ്പെട്ടതുപോലെ ഇപ്പോഴും നമുക്കെന്തിലേ ശരണപ്പെടാൻ ഒക്കുകയുള്ളൂ യേശുവിൻ്റെ രക്തത്തിൽ ഒന്നിയോ ഹന ഒന്നാമധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ യേശുവിൻ്റെ രക്തം ആണ് സകല പാപവും പോക്കി ക്ഷമിക്കുന്നത് അപ്പം യേശുവിൻ്റെ പാപം ക്ഷമിക്കും ക്ഷമിക്കും അത്രയും മാത്രമേ പലരും ചിന്തിക്കുള്ളൂ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ പാപം നമ്മൾ ചെയ്ത പാപം ക്ഷമിച്ചു ക്ഷമിക്കാനും ഒക്കുന്ന പാപമല്ല പക്ഷേ അത് ക്ഷമിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല ദൈവം എന്തോ ചെയ്തു ദൈവം പാപക്ഷമ മാത്രമല്ല നമ്മളെ യേശുവിൻ്റെ രക്തത്തിൽ ശരണപ്പെട്ട കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പാപക്ഷമ പ്രാപിക്കുമ്പം അതിനോടൊപ്പം സൗജന്യമായിട്ടൊരു നീതീകരണം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ കർത്താവ് തരും സത്യത്തെ ഈ ജസ്റ്റിഫിക്കേഷൻ നീതീകരണം എന്നുള്ള കാര്യം എന്താ അത് നമ്മൾ ഈ ലോകത്ത് അങ്ങനെ ഒരു കാര്യം പലപ്പോഴും കാണുകയില്ല ലോകത്ത് അങ്ങനെയൊന്നുമില്ല ലോകത്ത് നമ്മൾ ഒരാളോടൊരു തെറ്റ് ചെയ്തു ആഫീസിലൊരു തെറ്റ് ചെയ്തു മേലധികാരിയോട് ചെന്ന് പറഞ്ഞു സാറേ എനിക്കൊരു തെറ്റ് പറ്റി അദ്ദേഹം വളരെ മഹാമനസ്കൃതയോട് ഓക്കെ ദാറ്റ് ഇസ് ഓക്കെ പൊക്കോ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് പത്ത് കൊല്ലത്തിന് ശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് പിന്നൊരു തെറ്റ് വരുമ്പം അദ്ദേഹം നമുക്ക് തരുന്ന മെമ്മോയിൽ എന്തോ പറയും സുഹൃത്തെ നിങ്ങൾ ഈ കാണിച്ച മഹാമോശമാണ് ഞാനിത് ഇത് ശരിയല്ല അപ്പത്തന്നെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയും വീണ്ടും കാണിച്ചല്ലോ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഓർത്തുവച്ചിരിക്കുന്നു മനുഷ്യരൊക്കെ ക്ഷമിക്കും പക്ഷേ ഓർക്കും ഓർക്കും ഓർക്കും പാപക്ഷമ തരും മനുഷ്യർ പാപക്ഷമ തരും നീ ചെയ്ത പാപത്തിന് കുറ്റത്തിന് ശരി ഞാനത് ക്ഷമിച്ചു എന്ന് പറയും പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ അത് ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഞാൻ ചത്താലും മറക്കുകയില്ല നീ ചെയ്ത കാര്യം ചത്താലും മറക്കുകയില്ല ചത്താ മറക്കുകയില്ല ആളുകൾ സത്യത്തിൽ അങ്ങനെ ചിലർ പറയുന്നില്ലെങ്കിലും മനുഷ്യനൊക്കെ എന്തുണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചതും നമ്മൾ ഓർത്തിരിക്കും ഇല്ലേ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ പലപ്പോഴും മറന്നുപോകും നമുക്ക് ചായ വാങ്ങി തന്നതും നമ്മൾ നടന്ന് പോയപ്പോൾ നമ്മളെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയതും ഒക്കെ നമ്മൾ മറന്നു പോകും പക്ഷേ നമ്മളോട് അങ്ങനെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ചത്താൽ മറക്കുകയില്ല മനുഷ്യൻ്റെ സ്വഭാവം അതാണ് മുറിവുകൾ മനുഷ്യൻ പെട്ടെന്ന് മറക്കുകയില്ല മനുഷ്യൻ അതിൻ്റെ കണക്ക് സൂക്ഷി എന്നാൽ ഈ മനുഷ്യനെ മുറിവേൽപ്പിച്ചതിൽ കൂടുതൽ നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും കർത്താവിനെ മുറിവേൽപ്പിച്ചില്ലേ കർത്താവിൻ്റെ കാൽവെറി ക്രൂശിൽ കർത്താവിൻ്റെ മുറിവുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ മുറിവുകളെ നമ്മൾ ആ മുറിവിൽ ഓരോ തവണ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യുമ്പോഴും നമ്മൾ ആ മുറിവിൽ വീണ്ടും കുത്തിനോപ്പിക്കുക ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ആ മുറിവിൽ ഉപ്പു പുരട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ മുറിവിനെ വീണ്ടും വേദനിപ്പിച്ചു മുറിവിൽ ഉപ്പു പുരട്ടി കർത്താവിനെ കൂടുതൽ വ്യസനിപ്പിച്ചെങ്കിലും നമ്മളൊരു പാപക്ഷമയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പം കർത്താവ് അത് ക്ഷമിച്ചേച്ച് ഈ കാര്യം പിന്നെ ഓർക്കുകയുമില്ല നമ്മളെ നീതിമാന്മാർ എന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ജനിച്ചതിൽ പിന്നെ ഇതേ വരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് സ്വർഗീയ കോടതി അങ്ങ് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം അങ്ങനെ വേറെ എവിടെങ്കിലും നടക്കുമോ ലോകത്തെവിടെങ്കിലും നടക്കുമോ ചിലപ്പോൾ കോടതി ഈ ഭൂമിയിലെ കോടതി നമ്മളെ വെറുതെ വിട്ടെന്നിരിക്കും പക്ഷെ വെറുതെ വിടുമ്പോഴും കോടതി എന്ത് പറയുകയില്ല നമ്മൾ നീതിമാരാണെന്ന് നമ്മളെ പ്രഖ്യാപിച്ചിട്ടല്ല തെളിവുകൾ വേണ്ടത്ര ഇല്ലാത്തതിനാൽ ഇദ്ദേഹം സംശയാസ്പദമായ സാഹചര്യമൊക്കെ ആയതിനാൽ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നേ ഉള്ളൂ അപ്പോൾ വേണ്ടത്ര തെ തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിടപ്പെട്ട ഒരാൾ എന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ അതേസമയം ദൈവിക കോടതി വെറുതെ വിടുമ്പോഴോ ഇതേ വരെ ജനിച്ചതിൽ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ദ ഒരാൾ വിശുദ്ധൻ വിശുദ്ധൻ എന്ന് പറയുന്നത് അതല്ലേ സൈൻറ്റ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മളൊക്കെ സൈൻ്റ് എന്ന് പറയുന്നതിൽ പേടിക്കണ്ട സൈൻറ്റ് ഏ കാര്യം സ്വർഗീയ കോടതി നമ്മളെ സൈൻഡെന്ന് പ്രഖ്യാപിച്ചു ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവർ പ്രിയപ്പെട്ടവർ ഈ ജസ്റ്റിഫിക്കേഷൻ അതിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയും നമ്മൾ ഓർക്കണം പാപക്ഷമയിലെ ദൈവസ്നേഹത്തെ നമ്മൾ ഓർക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നീതീകരണത്തിലുള്ള ദൈവസ്നേഹത്തെ നമ്മൾ ഓർക്കണ്ടേ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പലരുടെ മുഖം വാടിയിരിക്കുന്നത് ദൈവസന്നിധി വരുമ്പോൾ പിന്നെയും ദൈവം മറന്നു പക്ഷേ നമ്മൾ മറക്കുകയല്ല നമ്മുടെ ഭാവം ഞാൻ പണ്ട് ഇങ്ങനെ ചെയ്തു ദൈവത്തിനെതിരെ ചെയ്തു അതുകൊണ്ട് നമ്മൾ തല കുനിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വരിക അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സക്രിയാവിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു ഭാഗം കാണുന്നുണ്ട് സക്രിയാവിൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാമധ്യായം സക്കിരിയാവ് എവിടെയാണെന്ന് അറിയാമോ ഹഗായി സക്കരിയാവ് മലാഖി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാഖിയുടെ തൊട്ടുപുറകിലാണ് സക്കിരിയാബ് സക്കിരിയാമിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു വാക്യങ്ങൾ നോക്കുക അവിടെ നമുക്ക് എന്ത് കാണാം അവിടെ പാപക്ഷമയും കാണാം നീതീകരണവും കാണാം രണ്ടിൻ്റെയും സൂചന എവിടെ കാണാം ആ ഭാഗം നമുക്കെടുത്ത് വായിക്കാനായിട്ട് സമയമില്ല ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം അതായത് ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ മക്കൾ അവർ എഴുപത് വർഷത്തിന് ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു സെരിബാബേൽ എന്ന് പറയുന്ന ഒരു ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്നു മടങ്ങി വന്ന് ചെയ്തു അവർ അവരുടെ നശിപ്പിക്കപ്പെട്ടു ദേവാലയം ഇരുപത് വർഷം കൊണ്ട് അവർ വീണ്ടും പണിതു വീണ്ടും പണിതു അവർ വന്ന് താമസമായി അങ്ങനെ താമസമായപ്പോൾ പിന്നെയും രണ്ടുപേരുടെ നേതൃത്വത്തിൽ എസ്രായയുടെയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ പിന്നെയും രണ്ട് ഘട്ടമായിട്ട് ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കൾ മടങ്ങി ഇവിടേക്ക് വന്നു നമുക്ക് ആ ചരിത്രമെല്ലാം പറയാം ഇവിടെ ഇതാ ഇവിടെ ഇത് ആദ്യത്തെ മടങ്ങിവരവിനെ തുടർന്ന് ഉണ്ടായ ഒരു കാര്യമാണ് നമ്മൾ സെക്കരിയാവിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതൽ അതിൻ്റെ ആറു വരെയുള്ള ഏഴുവരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അന്ന് ഞാൻ പറഞ്ഞു സെരിബാബേലാണ് അന്നത്തെ ഇവരുടെ നേതാവ് അന്നത്തെ അവർക്കൊരു മഹാപുരോഹിതനുണ്ടായിരുന്നു ആ മഹാപുരോഹിതൻ്റെ പേര് യോശുവന്നായിരുന്നു മോശയ്ക്ക് ശേഷം വന്ന യോശുവയല്ല ഒരേ പേരുള്ള ആളുകൾ പലയിടത്ത് ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ ഇത് മറ്റ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീടുണ്ടായിരുന്ന ഈ ബാബേൽ പ്രവാസ കാലത്ത് ഇസ്രായേൽ മക്കളുടെ മഹാപുരോഹിതനായിട്ടുണ്ടായിരുന്ന യോശുവ അന്ന് അവർക്ക് രണ്ട് പ്രവാചകന്മാരുണ്ടായിരുന്നു ഹഗായിയും സക്കരിയാവും കണ്ടോ അങ്ങനെ അവർ വന്ന് അവർ ഇരുപത് വർഷം കൊണ്ട് ഈ ദേവാലയം പണിതു ദേവാലയം പണി സരിബാബേൽ ഹഗ്ഗായി സക്കരിയാവ് പ്രവാചകന്മാർ യോശുവ മഹാപുരോഹിതൻ ഇങ്ങനെ വന്നിട്ട് ദേവാലയം പണിത് അവിടെ ആരാ അവിടെ ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ഏറ്റവും ശ്രദ്ധേയനായ ആൾ ആരാ പുരോഹിതന്മാരുണ്ട് അപ്പം തന്നെ മഹാപുരോഹിതനാണ് ഏറ്റവും ശ്രദ്ധേയനായ ആൾ ആ മഹാപുരോഹിതനായ യോശുവയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് മഹാപുരതനായ യോശുവ യഹോയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും സക്കരിയാവ് കാണുക സക്കരിയാവ് ഒരു ദർശനത്തിൽ കാണുകയാണ് കാണുമ്പോൾ ഈ പിശാജെന്തോ ചെയ്യുക ആഹാ ദൈവമേ നിന്റെ വലിയ മഹാപുരോഹിതൻ വേണ്ട ഇത്രയും ബാബേൽ പ്രവാസത്തിലൊക്കെ പോയി ഇവർ തിരിച്ചു വന്ന് വീണ്ടും എരിശിലീം ദേവാലയവും എല്ലാം പണിതു ഈ മഹാപുരോഹിതനല്ലേ ഇവിടെ ജനത്തിനു വേണ്ടി യാഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യേണ്ടത് ആ മഹാപുരോഹിതൻ്റെ പണി കണ്ടോ എന്ന് പറഞ്ഞ് ആര് ഈ കുറ്റപ്പെടുത്തുന്നു സാത്താൻ ഈ യോശുവയെ കുറ്റപ്പെടുത്തുന്നു ദൈവീക കോടതിയുടെ മുമ്പാകെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ആ യോശുവ കയ്യൊക്കെ കിട്ടി അവിടെ ഇങ്ങനെ കുറ്റവാളിയെപ്പോലെ നിൽക്കുക സാത്താൻ ഒരു പ്രതിപക്ഷത്തിൻ്റെ അതായത് ഒരു അഡ്വക്കേറ്റിനെ പോലെ സർക്കാരിൻ്റെ ഒരു അഡ്വക്കേറ്റിനെ പോലെ ഇദ്ദേഹത്തെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുക നമ്മൾ കാണുന്നത് അങ്ങനെയാണ് കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നു കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുമ്പം ദൈവീക കോടതി ഈ യോശുവയുടെ ഒരു വാക്ക് പോലും ചോദിക്കുന്നില്ല യോശു നിനക്കെന്നാ പറയാനുണ്ട് എന്നൊന്നും ചോദിക്കുന്നില്ല കാര്യം ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം അതുകൊണ്ട് ദൈവം എന്താ ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ വാക്യം സാത്താൻ ഇങ്ങനെ കുറ്റം ചുമത്തിയപ്പം ദൈവം എന്തോ പറഞ്ഞു സാത്താനെ ഏഹോവ നിന്നെ ഫത്സിക്കുന്നു നീ ഒന്നും പറയണ്ട നീ നിന്നെ ഫൽസിച്ചിരിക്കുന്നു ആരെ സാത്താനെ തെറ്റു ചെയ്തതാരാ യോശുവ അവൻ്റെ വസ്ത്രം മുഷിഞ്ഞു മഹാപുരോഹിതൻ്റെ വസ്ത്രം എന്ത് ചെയ്യാൻ പാടില്ല അത് വെണ്മയായിട്ടിരിക്കണം അവൻ്റെ വസ്ത്രം എന്ത് പറ്റി ഇവിടെ ചെയ്താ സെക്കരിയാവ് ദർശനത്തെയും നോക്കുമ്പോൾ ശരിയാണ് യോശയുടെ വസ്ത്രം എന്തോ ചെയ്താ മുഷിഞ്ഞിരിക്കുക എന്നു വച്ചാൽ അവനേതോ പാപത്തിൽ വീണു പാപത്തിൽ വീണു അവനെ തെറ്റുപറ്റി സാത്താൻ കള്ളമല്ല പറഞ്ഞത് ശരിയാണ് പറഞ്ഞത് പക്ഷേ ശരി പറഞ്ഞിട്ടും സ്വർഗീയ കോടതി ആരുടെ ഭാഗത്താണ് സാത്താൻ്റെ ഭാഗത്തല്ല കുഞ്ഞുങ്ങളെ ഈ ഈ ഭാഗം മാത്രം ധ്യാനിച്ചാൽ മതി നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് സ്വർഗീയ കോടതി സാത്താൻ്റെ ഭാഗത്തല്ല അല്ലെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്തല്ല അന്യായമായിട്ട് യോശുവായിക്ക് ഫേവർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ തോന്നുന്നത് ഞാൻ പറയുന്നത് വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ ദൈവം അന്യായം ഞാൻ പറയുന്നത് എന്നാൽ ദൈവത്തിനൊരു പക്ഷപാതിത്വമുണ്ട് തൻ്റെ ജനത്തോട് അവൻ സാത്താൻ്റെ വാക്ക് കേൾക്കാനല്ലിരിക്കുന്നു ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞു എന്നുള്ളത് ശരിയാ എന്നിട്ട് ദൈവം സാത്താനെ ഫത്സരിച്ചിട്ട് പറഞ്ഞു അവൻ ദൈവം എന്താ പറയുക നാലാമത്തെ വാക്യത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രം അതിൻ്റെ മുഷിവെല്ലാം മാറ്റാനായിട്ട് പറഞ്ഞു ഇതെന്തിനെ കാണിക്കുന്നു ഇത് പാപക്ഷമയെ കാണിക്കും പാപക്ഷമയെ കാണിക്കും അവൻ്റെ ഇപ്പോൾ എന്തായി ചില സർഫിൻ്റെയൊക്കെ ചില പരസ്യമുണ്ടല്ലോ ആദ്യം ഒരു മുഷിഞ്ഞ വസ്ത്രം ബക്കറ്റിലേക്ക് മുക്കും എടുത്തു കഴിയുമ്പോൾ നല്ല തൂവണ്മ എന്ന് പറഞ്ഞ പോലെ യോശുവായ എന്തോ ചെയ്തു യോശുവായുടെ വസ്ത്രം മുക്കി തൂവണ്മ ഓക്കെ ഇനി അങ്ങ് വിട്ടാൽ പോരായു നമ്മളാണേൽ യോശുവെ നീ നിനക്ക് നല്ല വസ്ത്രം തോന്നലോ പൂക്കോ എന്ന് പറഞ്ഞാൽ പോരെ നിങ്ങൾ പ്രിയപ്പെട്ടവർ അങ്ങനല്ല എന്നിട്ട് ദൈവം പിന്നെന്തുവാ പറയുന്നത് പിന്നെ ദൈവം ഞാൻ എൻ്റെ അകൃത്ത് നിന്നിൽ നിന്ന് മോ പോക്കിയിരിക്കുന്നു പാപക്ഷമ തന്നു എന്നിട്ട് നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും ഈ വെണ്മയുള്ള വസ്ത്രം കൂടാതെ അഡീഷണൽ ഉത്സവ വസ്ത്രവും ധരിപ്പിച്ച് തലയിൽ വെടിപ്പുള്ള ഒരു മുടിയും കൂടെ വച്ച് ഇവനെ ഒരു മഹാരാജാവിനെ പോലെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളിനെ പോലെ ഒരു വിശുദ്ധനെ പോലെ മുടിയും വെച്ച് ഉത്സവ വസ്ത്രവും ഇങ്ങോട്ട് വന്നതെങ്ങനെയാ മുഷിഞ്ഞ ഒരു വസ്ത്രത്തോടാണ് വന്നത് ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റി വെടിപ്പാക്കി പാപക്ഷമാ ഈ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചതും തലയിൽ മുടിവെച്ചതിനെയും നമുക്ക് എന്തിനോട് ചേർത്ത് ചിന്തിക്കാം നീതീകരണത്തോട് ചേർത്ത് ചിന്തിക്കാം പ്രിയപ്പെട്ടവർ ഇങ്ങനെയാണ് രക്ഷണ്യ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടേ കർത്താവേ നീ ആരാ എന്നെ നീ എന്നെ സ്നേഹിക്കുന്നു പക്ഷേ നിൻ്റെ സ്നേഹത്തെ ഞാൻ കൂടുതലറിയട്ടെ കൂടുതൽ അറിയട്ടെ കൂടുതലറിയട്ടെ അറിയന്തോറും അടി കാണാത്ത ഒരു സ്ഥലം പോലെ ഒരു കുഴി പോലെ നമ്മൾ പിന്നെയും പിന്നെയും പിന്നെയും ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ കരുതുന്നു എന്നെ നടത്തുന്നു എൻ്റെ പാവം മോചിച്ചു മാത്രമല്ല എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യർക്ക് പലർക്കുമുള്ള പേടി ഇപ്പോഴുള്ള സന്തോഷമുള്ള പോയിട്ട് നമുക്ക് സഹിപ്പാൻ കഴിയാത്ത വല്ലതും പെട്ടെന്ന് വരുമോ എന്നൊരു പേടിയിലാണ് ചിലർ ജീവിക്കുന്നത് അങ്ങനെ ജീ അങ്ങനെ ജീവിക്കേണ്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹിപ്പാൻ കഴിയുന്നത് കൂടുതൽ തരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ട് സിമ്പിളായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ മതി നമ്മളെ പലപ്പോഴും ഒരു വലിയ സദ്യയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തുക കഴിച്ചു പക്ഷേ നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാതെ ോക്കെ ഈ വാഗ്ദാനങ്ങളെല്ലാം എന്താ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെയാണ് പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവേ നീ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാകാൻ ദൈവ സ്നേഹമാണെന്നും അത് രക്ഷണപ്രവൃത്തിയിലുണ്ടെന്നും നമ്മളെ ദിനംതോറും നടത്തുന്നതിൽ കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിൽ നമ്മുടെ ഭാവിയെ കരുതുന്നതിൽ നമുക്ക് എത്ര സഹിപ്പാൻ നോക്കുമെന്ന് നോക്കി അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതെ ശ്രദ്ധിക്കുന്നത് എല്ലാത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കണം ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം അപ്പോസ്ലായ പൗലോസ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താ രണ്ടാമത് ചോദിച്ച ചോദ്യം അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ പത്താമത്തെ വാക്യം കർത്താവെ ഞാൻ എന്തു ചെയ്യണം അപ്പം കർത്താവെ നീ ആരാണ് നീ സ്നേഹമാണെന്ന് അറിഞ്ഞു അതിൻ്റെ ഒരു പ്രതിസ്പന്ദനമെന്നുള്ള നിലയിൽ പൗലോസ് തുടർന്ന് ശൗലെ തുടർന്ന് ചോദിക്കുക ആട്ടെ ഞാനെന്താ ചെയ്യേണ്ടത് ഇനി ഞാനെന്തോ ചെയ്യണം കർത്താവ് നമ്മെ സ്നേഹിച്ചു അതൊരു വലിയ കാര്യമാണ് അതൊരു പ്രിവിലേജാണ് ഈ പ്രിവിലേജ് മാത്രമായിട്ട് നമുക്കൊരു ജീവിതമില്ല കണ്ടോ ഒരു നാണയത്തിൻ്റെ മറുവശം പോലെ നമുക്ക് കിട്ടുന്ന ആ പ്രിവിലേജ് നമുക്കൊരു ഉത്തരവാദിത്വവും തരുന്നുണ്ട് ഒരു ഡ്യൂട്ടി നമുക്ക് തരുന്നുണ്ട് പൗലോസിൻ്റെ രണ്ടാമത്തെ ശൗലിൻ്റെ രണ്ടാമത്തെ ചോദ്യം അതാ കർത്താവേ നീ ആരാന്നെനിക്ക് മനസ്സിലായി എന്നെ സ്നേഹിച്ചു അത് കൂടുതൽ കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു അപ്പം തന്നെ ഞാനെന്തോ വേണം ഞാൻ എന്തായി നീ ഇനക്ക് വേണ്ടി ചെയ്യേണ്ടത് അവിടെ പൗലോസ് ചോദിക്കുന്ന ശൗല് ചോദിക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് അവിടെ പറയ അവിടെ യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുക കർത്താവെ നീ ആർ എന്ന് ചോദിച്ചതിന് അതിന് അവിടെ ചോദിക്കുന്നു ഈ രംഗത്താണ് കർത്താവി എന്ന് പറഞ്ഞ് കർത്താവ് ഞാൻ എന്ത് ചെയ്യണം എന്ന് രണ്ടാമത്തെ ചോദ്യത്തിലും ഒന്നാമത്തെ ചോദ്യത്തിലും പൗലോസ് യേശുവിൻ്റെ മുമ്പാകെ താൻ തന്നെ തന്നെ സമർപ്പിച്ച് അവനെ കർത്താവ് എന്ന് ഏറ്റുപറയുക ചെയ്യുന്നു കർത്താവ് കർത്താവ് എന്ന് പറ നമ്മൾ അവന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവനെ കർത്താവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക കർത്താവ് ലോഡ് എന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വവും യേശുവിനാണ് കർത്താവ് പറയുന്നത് പോലെയാണ് ഇനി എല്ലാ കാര്യവും നമ്മൾ കർത്താവ് കർത്താവെന്ന് പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല കർത്താവെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ നമ്മളല്ല നമുക്ക് വേറൊരു യജമാനനുണ്ട് അതേശുവാണ് എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ പൗലോസ് ശൗലെ തന്നെ തന്നെ സമർപ്പിക്കുക ചെയ്തു കർത്താവി നമ്മൾ കർത്താവിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതൽ കൂടുതൽ അറിയുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വച്ച് തുടക്കത്തിൽ കർത്താവിനായിട്ട് താൻ സമർപ്പിച്ചു കർത്താവെന്ന് വിളിച്ചു പക്ഷേ പൗലോസിൻ്റെ ജീവിതം തുടർന്ന് നോക്കുക തുടർന്ന് താൻ കർത്താവിനെ കർത്താവെന്ന് കൂടുതൽ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടാണ് താൻ തൻ്റെ ജീവിതം തുടർന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് ചോദ്യങ്ങളാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് നീ സ്നേഹമാണ് നീ സ്നേഹമാണെന്ന് കൂടുതൽ കൂടുതൽ അറിഞ്ഞു അതുപോലെ തന്നെ നീ എൻ്റെ കർത്താവാണ് കർത്താവാണ് കർത്താവാണ് ഞാൻ കൂടുതൽ നിന്നെ അനുസരിക്കണം കൂടുതൽ നിനക്കായി കീഴ്പ്പെടണം നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അനുസരിക്കും പക്ഷേ നമ്മൾ ദൈവത്തോട് സ്പർശ്യതയുള്ളവരാണെങ്കിൽ പിന്നെയും പിന്നെയും പിന്നെയും അനുസരിക്കേണ്ട കൂടുതൽ കൂടുതൽ മേഖലകൾ ദൈവം നമുക്ക് കാണിച്ചു തരും കാണിച്ചു തരുമ്പോൾ ആ രംഗത്ത് മുന്നോട്ട് പോകുക കർത്താവിനെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായിട്ട് എല്ലാ മേഖലകളിലും വാഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ എന്നൊരു വാക്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം പതിനാലിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കല്പനകളെ കാത്തുകൊള്ളും അപ്പോൾ കർത്താവിനെ കർത്താവെന്ന് സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം പക്ഷേ ഈ കൽപ്പനകൾ അനുസരിക്കുന്ന ഉത്തരവാദിത്വം മാത്രം നമ്മൾ കണ്ടാൽ അത് ചിലപ്പോൾ നമുക്കൊരു ഭാരമായി പോകും മറിച്ച് അത് അതൊരു ഭാരമാകാതിരിക്കാൻ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ വേണം നിങ്ങൾ ഒന്നാമത് എന്നെ സ്നേഹിച്ചോണ്ട് ഈ കൽപ്പന അനുസരിക്കാൻ നോക്കുമ്പം അത് എളുപ്പമുള്ളതായിത്തീരും പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ആദ്യം നമ്മൾ കണ്ടു കർത്താവ് നമ്മളെ സ്നേഹിച്ചു രണ്ടാമത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നമ്മളിപ്പോഴെന്തിൽ വന്നു നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം പക്ഷേ കൽപ്പനകളെ അനുസരിക്കുന്നത് നമുക്കൊരു ഭാരമായി പോകും പ്രൊവൈഡഡ് സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നതിലാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് കാണേണ്ടത് കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കാൻ പൂവ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങളെ കണ്ട് കർത്താവിനെ സ്നേഹിക്കുമ്പം നമുക്ക് കൽപ്പനകളുടെ അനുസരണം എളുപ്പമായിത്തീരും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഭാരമുള്ള കാര്യമാണ് ഞാൻ ചെ അമ്മമാരെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കുഞ്ഞ് നിർബന്ധമോ ഒരു ലോജിക്കുമില്ല കുഞ്ഞുങ്ങളുടെ കരച്ചിലിന്ന് അവിടെ കിടത്തുന്നു പാലും കൊടുത്തു പാലും ഇട്ടു സുഖമായിട്ട് പാലും കുടിച്ചു സുഖമായിട്ട് അവിടെ കിടന്നാൽ പോരെ നമ്മുടെ ലോകയ്ക്കിനെയൊക്കെ തകടം മറിച്ചുകൊണ്ട് അയ്യോ ലോകം അവസാനിച്ചു എന്നുള്ള മട്ടിലൊരു ഒരു നിലവിളിയാണ് അമ്മയുടനെ ബാത്റൂമിൽ നിന്ന് ഓടി വന്ന് എൻ്റെ പൊന്ന് മോനെ എന്ന് പറഞ്ഞ് എടുത്ത് താലോലിച്ച് ഈ അമ്മയുടെ മുഖത്ത് ഇച്ചിരി കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കാം ഒരു അമ്മയെ എന്തെല്ലാം കഷ്ടപ്പാടിലോട്ടാണ് കടന്നു പക്ഷേ അവളെ നമ്മൾ വിളിച്ചിട്ട് എൻ്റെ പ്രിയമാതാവേ താങ്കൾ ഈ കുഞ്ഞിന് വേണ്ടി അനുഷ്ഠിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ എത്ര ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പാപ്പ പറയും ഞാനും ഞാനെന്തു ഈ കുഞ്ഞിനോടുള്ള സ്നേഹം അവളുടെ കഷ്ടപ്പാടിനെ അവൾ മറന്നുപോയി സ്നേഹമാണ് ഈ ഭാരമില്ലാതാക്കുന്നത് നമ്മൾ ഇപ്പം നോക്കുക ഓ ഈ ബൈബിളിൽ നിന്ന് നിറയെ കല്പനകൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് കഷ്ടപ്പാടാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇതൊക്കെ ആർക്കൊക്കെ ഒക്കും ഒക്കും ഒക്കും ഇത് ലഘുവാക്കാൻ ഒരു മാർഗമുണ്ട് എന്താ കർത്താവിനെ സ്നേഹിക്കണം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തെ മുൻനിർത്തി നമ്മൾ നോക്കുമ്പം നമുക്കീ കൽപ്പനകൾ അനുസരിക്കാനായിട്ട് എളുപ്പം ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരുമ്പം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറയുന്നിടത്ത് വേറൊരു വാക്യത്തിൽ ഈ വാക്യത്തെ തന്നെ ഞാൻ മറ്റൊരു വേർഷനിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ ഞാൻ ഇടയാക്കും അങ്ങനെ അത് കണ്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചേ കൽപ്പനകളെ കാക്കുന്നത് നമ്മുടെ പണിയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ കർത്താവ് എന്തോ അപ്പോൾ ഇവിടെ കൽപ്പനകളെ കാത്ത് സ്നേഹി കാക്കാനായിട്ട് നീ ഹൃദയം വെച്ചാൽ അത് ചെയ്യാനുള്ള ശക്തി ഞാൻ നിനക്ക് തരും കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ ഞാനിടയാക്കും അങ്ങനെയാണ് ഈ വചനം വേറൊരു വേർഷൻ പറയുന്നത് അപ്പം ഇവിടെ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും കർത്താവ് ചെയ്ത് തീർക്കുന്നതും കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ കർത്താവ് പറഞ്ഞു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി മത്തായിട്ടുള്ള പതിനാലാം അത്യാവശ്യത്തിൽ നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി അപ്പോൾ ശിഷ്യന്മാർ വിചോ നമ്മുടെ ഉത്തരവാദിത്വം ഇവർക്കെല്ലാം ഇത്രയും പേർക്ക് അയ്യായിരം പേര് വരുന്ന ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അവർ വിഷമിച്ചു അവർ വിഷമിച്ചു പറഞ്ഞു കർത്താവെ ഞങ്ങളെ കൊണ്ട് നോക്കുകയില്ല ഉടനെ കർത്താവ് പറഞ്ഞു ആ മൊത്തം എഴുതിയ സുവിശേഷത്തിൽ അത് പതിനാലാം അധ്യായത്തിൽ നമ്മൾ നോക്കുക പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാമത്തെ വാക്യം യേശു ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു പത്തൊമ്പതാം വാക്യത്തിലോ പത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് തന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ആ പുരുഷാരത്തിന് കൊടുത്തു ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കി കൊടുപ്പി ശിഷ്യന്മാരോട് പറഞ്ഞത് കർത്താവാണ് ഒരു കല്പനയാണ് ആ കൽപ്പന എങ്ങനെ അനുസരിക്കുമെന്ന് അവർ ഭാരപ്പെട്ടു അവരെ കൊണ്ടുള്ള നിസ്സഹായത അവർ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ എന്തോ ചെയ്തു ഇവർക്ക് ഇവരെ തീറ്റിപ്പോറ്റുന്ന ഉത്തരവാദിത്തം കർത്താവ് തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു രഹസ്യം നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് കൽപ്പനകളെ അനുസരിക്കാനായിട്ട് തയ്യാറാവുമ്പം ആ കല്പനകൾ ചെയ്തു തീർക്കാനായിട്ടുള്ള ശക്തിയും കർത്താവ് തന്നെ തന്നോളും അപ്പോൾ ആവശ്യപ്പെട്ടതും അവൻ ചെയ്തതും അവൻ നമുക്കെന്താ നമുക്കൊരു പ്രശ്നവും ഇല്ല നോക്ക് മഹാരാജാക്കന്മാരെ പോലെ നമ്മളെ കൊണ്ടു നടക്കുന്നത് ഇനി ആരും പറയരുത് കർത്താവ് ഞങ്ങളുടെ മുണ്ടയ്ക്ക് ഒത്തിരി കൽപ്പനകൾ അടിച്ചേൽപ്പിച്ചു ഇത് ക്രിസ്തീയ ജീവിതം ഭയങ്കര ഭാരപ്പെട്ടതാണെന്ന് ഒരാളും പറയാനായിട്ട് പാടില്ല കാരണം ആ ചെയ്യാൻ പറഞ്ഞതും അവന് ഒടുവി ചെയ്തതും അവന് നമ്മൾ എൻ്റെ കർത്താവെ എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ലേ എന്ന് പറഞ്ഞ് സത്യസന്ധതയോട് അവൻ്റെ കൂടെ നിന്നോണ്ടാ മാത്രം മതി പ്രിയപ്പെട്ടവരെ അവൻ നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പം പൗലോസ് ചോദിച്ചു കർത്താവെ നീ ആർ നമ്മൾ കണ്ടെത്തുന്നു കർത്താവ് സ്നേഹമാണ് സ്നേഹമാണ് അത് കൂടുതൽ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുക അതാണ് ഒന്ന് രണ്ട് ഞാൻ എന്ത് ചെയ്യണം കർത്താവിനായിട്ട് കൂടുതൽ കൂടുതൽ സമർപ്പിച്ചും കൽപ്പനകൾ കൂടുതലനുസരിച്ചും സ്നേഹത്തിൽ അവനെ ശുശ്രൂഷിച്ചും നമ്മൾ മുന്നോട്ട് പോവുക കണ്ടോ രണ്ടടുത്ത് സ്നേഹമാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് ഒരു മനോഹരമായ ഒരു വാക്യമുണ്ടല്ലോ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ ആഴി ആഴിയെ വിളിക്കുന്നു ഡീപ്പ് കോളത്ത് ഡീപ്പ് ഏ അതായത് ആഴം ആഴത്തെ വിളിക്കുന്നു എന്ന് ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആകേണ്ടത് ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയാനായിട്ട് ഒക്കുകയില്ല ആ ആഴമുള്ള ആ സ്നേഹം തിരിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മിലും ഒരു ആഴമുള്ള അനുഭവം ഉണ്ടാക്കുന്നു അതെന്താ അത് ദൈവത്തോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അപ്പം രണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ദൈവത്തെ സ്നേഹിക്കുക ആഴം ആഴത്തെ വിളിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ നമ്മെ അവനെ സ്നേഹിക്കാനായിട്ട് വിളിക്കുന്നു നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട വചനങ്ങളോടുള്ള ബന്ധം ഈ സെഷൻ അവസാനിപ്പിക്കുകയും ചെയ്യാം നമ്മൾ പാടിയ ഒരു പാട്ട്